അതിനുശേഷം വിശ്വസിക്കുകയും ഹിജറ പോവുകയും നിങ്ങളോടൊപ്പം പരിശ്രമിക്കുകയും ചെയ്തവരും നിങ്ങളിൽ പെട്ടവരാകുന്നു അള്ളാഹുസുബാനഭുവറ്റായാലായുടെ നിയമപ്രകാരം കുടുംബ പരസ്പരം കൂടുതൽ അടുത്തവരാകുന്നു തീർച്ചയായും അള്ളാഹുസുബാനഭുവറ്റായാല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാകുന്നു